അള്ളാഹു സുബഹാനഹുവച്ച ആലയും അവൻറെ ദൂതനും അവർക്ക് നൽകിയത് അവർ തൃപ്തിപ്പെടുകയും അള്ളാഹു സുബഹാനഹുവച്ച ആല നമുക്ക് മതിയായവനാകുന്നു അള്ളാഹു സുബഹാനഹുവച്ച ആലയും അവൻറെ ദൂതനും അവൻറെ അനുഗ്രഹത്തിൽ നിന്ന് നമുക്ക് നൽകും തീർച്ചയായും ഞങ്ങൾ അള്ളാഹുസുബഹാനഹുവച്ച ആലയിലേക്ക് തന്നെ ആഗ്രഹിക്കുന്നവരാണ് പറയുകയും ചെയ്തിരുന്നെങ്കിൽ അതവർക്ക് ഉത്തമമായേനെ